കന്നുകാലികളിൽ നിന്ന് ഭാരവാഹക മൃഗങ്ങളെയും പുൽമേക്കുന്ന മൃഗങ്ങളെയും അവൻ സൃഷ്ടിച്ചു അള്ളാഹുസുബാനുഭൂവത്തായ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത് തീർച്ചയായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്